ശീലർമേശനുരാഗ വൈക്ലവ്യ ബാഷ്പലയാളകീകൃതൃതം ഭുവനൈകന്യം ദിവ്യം വിജിത്ര വിബുധാഗ്രമാനശോചി ആഭു പരം മുയാകുണ്ഡം കീത് മുനേ ഷഡ് സജ്ജമാന കയസാവധ സ്പോവൂരകുണ്ടീടവിഡം ഗവേഷനമാലിഗയാ നിവീതോ വിന്യസ്തൃത ചുഷ്ടയാ ബാഹു മധ്യേ വക്രം ഭ്രുവാ കൂടിയാ സ്ഫുട നിർഗമാഭ്യം രക്തേക്ഷണേനം ദ്വാരേത പൃഷ്ടജ്രകവാടി വിഷമയാ മുനേ സ്വദൃഷ്ടേ സഞ്ജരഞ്ജ വിഹദ വിഗദഭിഷംഗ താൻ വീക്ഷശരാം ചതുരകുമാരാൻ വൃദ്ധാൻ ദശാർധവയസോ വിജിതാത്മതത്വാൻ വേത്രേണ ചാസ്ഖല േത്രേണയതാമതർം സ്ജോ വിഹസവൽ പ്രതികൂല ഉാ മുനെയൂജോ കോവാമിഹ എ ഭഗവത് പരിചര്യോ ചേർം നിവസദ വിഷമസ്വഭാ അസ്ൻ പ്രശാന്ത പുരുഷേഗത വിഗ്രഹേവാം കോവാത്മവൽ കുഹഗയോ ീഹ സമസ്തൂക്ഷാൽ മന്ദധീഭ്യം ലോകാനോ വ്രജതമന്ദരഭാവ ദൃഷ്ട്യമുഭാവം തം ബ്രഹ്മദണ്ഡമനിവം അസ്ത്രൂഗൈ സദ്യോഹരേ തൽ പാദഗ്രഹാവതരേണ ഭൂയാദോനി ഭഗവത്ഭിരകാരിദണ്ഡോ യോ നോഹരേരഹേളനമ്യശേഷം മഹാവോനുതാകൃതിരവിന്ദനാഭസ്വാഹൃ തയോസ്രമഹംസ മഹാമുന അന്വേഷണീയചരണോ ചലയൻ സഹ്രീ തം ം പ്രതിഹൃദോ വൈകം സെ ചാക്ഷവിഷയം ഹംസശ്രിജന ൂടംയാൽ േണേന അത്രോസ് തസ്യരവിനയ പദാരവിന്ദകിഞ്ചൽക്കിശ്രതുളസീമകരന്ദയു അന്തർഗതസ്വവിവരെണ ചാരതേം ചിത്രോഷ്യവനസിൽമകോദ്വീക്ഷര സംബിഷ പുനരവേക്ഷം നഖരുണമണിശ്രേണംൌസ്തം വപുർദ്ദർശയാസിർപ്പതികൈ സമഗ്രുതമോ കുമാരൂജൂയോ ഹൃദഗതോ വിദുരാത്മന ം നയന മൂലമനന്ത കർണവിണ ഗുഹാഗതോ ർപ്പിതഭയം ഭ്രുവന്നത്തെ പദയോരമേധാജ യോനാൽപനം ദുരുദയോ ഭഗവാൻ പ്രതീത മഹാപുരാണേ ശ്രീ ബ്രഹ്മോവാചായി തദ്ണതം തെയാ മുനീ യോഗർമ പ്രതിജാദം വികുണ്ഠനിലയോ വിഭു ശ്രീഭഗവാൻ ഉച്ചചൗതൗ പാർഷദോ മഹ്യഞ്ജയോ വിജേവച്ച കഥീകൃത്യമാം യദ്വോ ബഹുവക്രാതാമതിക്രമം യസ്വേതയോധൃ ദണ്ഡോഭവദ്ധി മാമനൃതയെ സേവാനു മതോസ്മാഭിർമുനയോളന തദ്വ പ്രസാദയാമ്യ്രഹ്മാദൈവം പരം ഹി മേ തദ്ധീത്മകൃതം മഞ്ഞേ യൽ സ്വുംഭിരസത്യൻ ഗൃതി ലോകോ ഭേതീസോ സാധുവാദ തൽർത്തിനയതവണവഹ സദ്യ പുനതിശാദ്കുണ്ട സോഹംഭ്യപലബ്ധസുതീർ കീർത്തിയാം സ്വാഹുവാതികൂലവൃത്തിൽ സേവയാ ചരണ പത്മപവിത്രേണു സദ്യക്ഷതാഖിലമലം പ്രതിലബ്ധശലം നീർവിരക്തമൊ മാം വിജഹാതി േക്ഷലവാ ഇതേ മാഹം തധാമീയജമാനഹ വിർവിനേശ്ശോദ്ഘൃതപ്ലുതമതി ബ്രാഹ്മണരോ സന്തുഷ്ടർമ്മിമ്യഹം അഖണ്ഡ വികുണ്ഠയോഗമായാഭൂതി അമലാഘിരജകിരീടൈ വിപ്രാംസ്തു കോമ വിഷഹേത യർഹംഭ്യപുനതി സഹ ചന്ദ്രലമലോകാൻ യേമേതൂർജവരാൻ ദുഹതീർമ്മീയാ േദബുദ്ധ്യക്ഷ്യന്ദേഹ ക്ഷത ദൃശോ ഹ്യമന്യവസ്ഥൻ ഗൃധ്രാരുഷാ മമ കുശന്യധി യേ ബ്രാഹ്മണാമൈ ധിയാക്ഷിപോർച്ചന്തഷ്യധൃത സ്മൃതസുധോക്ഷിതൽമവക്രാണ്യനുരാഗകലയാ തന്മേ സ്വഭർത്തുരവസായം അലക്ഷമാണോ യുഷ്മതിക്രമഗതി പ്രതിപത്തെ സദ്യ ഭൂയോ മന്തികം തദനുഗ്രഹോ മേ യൽക്കൽപ്പമചിരോ ഹൃതയോർവിസ ബ്രഹ്മോവാച അധ തസ്യോഷീം ദീ സതീം വ്യാധായ ശർമന്തോ ലഘുവീം ഗുവർദ്ധഗഹഹരാം വിഗാഹ്യഗാധഗംഭീരാം നവിദു തച്ചിഗീർഷിതം തേ യോഗമായ ആരബ്ധപാരമേ്യമഹോദയം പ്രോജു പ്രാഞ്ജലയോ വിപ്രാ പ്രഹൃഷ്ട ക്ഷുഭിതം ഭഗവന് വിത്മസ്തവ ദജിഗീരുഷിതം കൃതോ മേ അുഗ്രഹശ്ചേതിയധ്യക്ഷ പ്രഷസേ ബ്രഹ്മണ്യ പരം ദൈവം ബ്രാഹ്മണക്കിളത്തെ പ്രഭോ വിപ്രാണം ദോത്തസനോധർമ്മോ രക്ഷേ തനുഹി സ്ഥവാധർമ്മ പരമോ ഗുഹ്യോ ദുർവിന് മദ തരം ദിഹ്യഞ്ചസാ മൃത്യു നിവൃത്തുഗ്രഹ യോഗിന് സ ഭവാൻ കിം സ്വിദനുഗ്രഹ ൃത പാദരേർഘ്രിതുളസേനോരിവ കാസ്വിക്തചരിതരനു വർത്തമാനം നാത്യാദ്രിയമഭാഗവത പ്രസംഗ സത്വം ദ്യാണ്യരജ പുനീത ശ്രീവത്സലക്ഷ്മി മഗ ഭഗനസ് ുഗത്രിയ പദ്ധ ചരാചരമ ദ്ജം നൂനം ഭൃതം തദ്ഘാതിരജസ്തമത് നോ വരദയാ തരസ്യം നയജോത്തമകുലം യതിഹാത്മഗോപോക്താവൃഷ സ്വർഹണേന സസൂനൃതേന തർവ്വ നീ ശിവ പകീഷ്യ ഋഷഭ്യത പ്രമാണം തത്തെനഭീഷ്ടമ സത്വനിധേർവിധിൽസോക്ഷേമം ജനയജക്തിരുദ്ധൃതാരേ മൈതാവിപതേർബത വിശ്വർത്തുസ്തേജക്ഷതം ത്വനത സതേ എതൗ സുരേതരഗതി പ്രതിപദ് സദ്യസ് സംരംഭസംഭൃത സമാധ്യബദ്ധൌ ഭൂയസകാശ ഉപയാതോമയ തവൈതവിപ്രാഹ ബ്രഹ്മോവാചാഥത്തെ മുനയോ ദൃഷ്ട് മയനന്ദഭാജനം വൈകുണ്ഠം തദ്ധിഷനം വികുണ്ഠം ചയം പ്രഭം ഭഗവന്തം പരിക്രമ്യ പ്രണവത്തനുമാന്യ പ്രതിജക് പ്രമുദംസന്തോ വൈഷ്ണവീം ശ്രിം ഭഗവാൻ അനുഗാവാഹയാതം മാഭൈഷ്ടം അസ്തുഷം ്രഹ്മേജസ്സമർവിഹന്തുച്ഛച്ഛച്ഛച്ഛച്ഛച്ഛേമതം മേ ഏതൽപുര നിർദ്ദിഷ്ടം രമയാ കൃധയാ യഥാപരിതീ വിശന്തേ മയി സംരംഭയോനസ്തീര്യ ബ്രഹ്മഹേളനം പ്രത്യേഷ്യ തന്നെ കാളേനൽപീയസാ ദ്വാസ്ശ്യ ഭഗവാൻ വിമാനശ്രേണിഭൂഷണം സർവാതിശയാ ലക്ഷ്മിയജുഷ്ടം സ്വധിഷ്ടമാശൽ തൗതു ഗീർവാണകൃഷ് ദുസരാധരിലോകൗ ബ്രഹ്മ ഷാപാ ഭൂതസ്മയൗ താ വികുണ്ഠ ഷണത്തോർപതമാന യോ ഹാ ഹാകാരോ മഹാനസീത് വിമാനഗ്നു താവേവ്യധുന പ്രാപ്തൗപനിർഷ പ്രവരോ ഹരെ ദേർജരനിർവിഷ്ടം കാശ്യപം തേജ ഉബണം തയോരസുരയോരേജ സമയോരിവ ആക്ഷിപ്പം തേജേ തരി ഭഗവാം സ്തവിധിസതി വിശ്വസ്യസ്ഥിതിലയോത്ഭവവഹേരാദ്യോ യോഗീശ്വരൈരവീ ദുരത്യ യോഗമായ ക്ഷേമം വിധ്യതി സമോ ഭഗവാം സ്ത്രയധീശ തീയണ കിയാർ ശ്രീമദ്ഭാഗവതേ മഹാപുരാണി പാരമഹംസ്യം ഗോവിന്ദ ഗോവിന്ദ ബ്രഹ്മാവിന് ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ടാണെങ്കിലും കുറ സൃഷ്ടിച്ചു സൃഷ്ടിച്ചു സൃഷ്ടിച്ചു അങ്ങനെ പോകുമ്പോൾ എന്താണെന്നു വച്ചില്ല മനസ്സിനൊരു ചെറിയ തളർച്ച ശ്രീകൃഷ്ണ ചരണം ഭോജം സ്മര ദുഃഖം ഗമിഷ്യതി ഭഗവാനെ തൻ്റെ മനസ്സിൽ ധ്യാനിച്ച് അവിടുത്തെ നാമസങ്കീർത്തനം ചെയ്തു ഹരേ നാരായണ ഹരീനാരായണ ഹരേ നാരായണ നാരായണ എന്ന നാല് ചൈതന്യം കൈവന്നതുപോലെ രൂപം കൈവന്നതുപോലെ നാല് വിശിഷ്ട വ്യക്തികൾ ബ്രഹ്മദേവൻ്റെ മുമ്പിൽ പിറന്നു അവർക്ക് സനകൻ സനന്ദരൻ സനാതനൻ സനക്കുമാരൻ എന്ന് പേരിട്ടു ഇപ്പം തനിക്ക് സന്തതികളായില്ലോ ഇനി ആത്മാവായി പുത്രനാമാസി കുട്ടികളെ ഏറ്റെടുത്തോളും തൻ്റെ സൃഷ്ടിയുടെ ചുമതല എന്നൊരു ചെറിയ മോഹം ബ്രഹ്മാവിൻ്റെ മനസ്സിലുണ്ടായി പക്ഷേ മോഹം ഉണ്ടായാൽ മോഹഭംഗവും സർവ്വസാധാരണ ആണ് കുട്ടികൾ അയ്യഹ്യോ അച്ഛാ കർമ്മബന്ധങ്ങളിൽ കൊടുക്കരുത് ഞങ്ങൾ ഭഗവാൻ്റെ സച്ചിദാനന്ദ ലോകത്തിലേക്ക് പറന്നുയർന്നു പോകട്ടെ പരമഹംസന്മാരായിട്ട് അവർ പരമം വ്യോമത്തിലേക്ക് പറന്നുയർന്നു ബ്രഹ്മാവിന് വലിയ നിലയിലെത്തിയാൽ ഉണ്ടാകുന്ന സന്തോഷം കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാത്തതിൻ്റെ ഒരു പ്രയാസം കുട്ടികൾ കൂടെയില്ലാത്തതിൻ്റെ ഒരു പ്രയാസം ബ്രഹ്മദേവനും തോന്നി ആ പ്രയാസം എന്തോ നെറ്റീത്ത എന്തോ ഉരുണ്ട് കയറുന്നത് പോലെ പെട്ടെന്ന് അത് താഴേക്ക് എന്തോ തെറിച്ചു വീണതുപോലെ നോക്കിയപ്പോൾ സത്യം ശിവം സുന്ദരം അതി ചൈതന്യമൂർത്തിയായ സാക്ഷാൽ ശ്രീരുദ്രൻ്റെ ബിലാത്തി കുളത്തപ്പൻ്റെ അവതാര രംഗമാണ് അവിടെ അനുസ്മരിച്ചത് എനിക്കെന്തൊക്കെയാ പേര് അച്ഛ ഞാൻ ഏതെല്ലാം ഭവനങ്ങളിലാ താമസിക്കണ്ടേ ഞാൻ ആരെയൊക്കെയാണ് കല്യാണം കഴിക്കണ്ടേ ഈ ചോദ്യങ്ങളാണ് ഈ ഉണ്ണിയുടെ വായിൽ നിന്ന് വീണത് ബ്രഹ്മാവ് അമ്പരന്ന് ഇങ്ങനെ ചില വിവാഹം തുടങ്ങിയ സങ്കല്പങ്ങൾ ബ്രഹ്മാവിൻ്റെ മനസ്സിനെ തൊട്ടുരുമീട്ടേ അപ്പോഴേക്കും ആ ഉണ്ണി താമസിക്കാനുള്ള വീട് കല്യാണം കഴിക്കാനുള്ള പെൺകുട്ടികൾ ഇവരെയൊക്കെ അന്വേഷിക്കണേ ആ ഒരു പതിനൊന്ന് മന്ദിരങ്ങൾ പതിനൊന്ന് പെൺകുട്ടികളൊക്കെ ബ്രഹ്മാവ് ഈ ഉണ്ണിക്ക് പാർക്കാനും വിവാഹം കഴിക്കാനും ഒക്കെ ആയിട്ട് ഒരുക്കി കൊടുത്തു അങ്ങനെ ഏകാദശരുദ്രന്മാർ ഏകാദശ മന്ദിരങ്ങളിലിരുന്ന് ഏകാദ ഏകാദശരുദ്രമാണിമാരോടൊപ്പം സൃഷ്ടി അയ്യോ രുദ്രസൃഷ്ടങ്ങളെ കണ്ട് ബ്രഹ്മദേവൻ അമ്പരന്ന് പോയി ഭൂതപ്രേത വിശാജാതികളൊക്കെയാണ് എൻ്റെ ഉണ്ണി ഞാൻ ഉണ്ണിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ഏത് പ്രവൃത്തിക്കൊരുങ്ങുമ്പോഴേയും ഭഗവാനെ വിചാരിക്കണം നമ്മളല്ല ഇതൊന്നും ചെയ്യണത് ഇതൊക്കെ നേരെയാക്കി തരുന്നത് ഭഗവാൻ്റെ ഒരു ഒരു വാത്സല്യമാണ് ആ ഒരു കാരുണ്യമാണ് ഭഗവാൻ്റെ ഒരു അനുഗ്രഹമാണ് ഈ പ്രവൃത്തി ഈ ചിന്തയോടുകൂടി വേണം നാം പ്രവൃത്തി ചെയ്യാൻ ഉണ്ണി കുറച്ച് ഭഗവാനെ ഭജിച്ചു വരുമോ അതുവരെ അച്ഛൻ തന്നെ സൃഷ്ടിയുടെ ചുമതല ഏറ്റെടുത്തോളാം വരൂ പോയി ഭഗവാനെ ഭജിച്ചു വരുട്ടോ അവിടുന്ന് ഭഗവാനെ ഭജിച്ച് ഭഗവാൻ്റെ പാത തീർത്ഥം ഭഗവാൻ്റെ ശിരസിലണിഞ്ഞതിനെ തുടർന്നാണ് അവിടുന്ന് ശിവനായി മാറിയത് ശിവകരനായി മാറിയത് ശിവമാർഗപ്രണേതാവായി മാറിയത് യൗചത സരിൽപ്രവരോധകേന തീർത്ഥേന മൂർധുനിയധികൃത ശിവശിവോഭു പിന്നെയും ബ്രഹ്മാവ് സൃഷ്ടിസമ്പ്രദായത്തിൽ ഒരു വ്യതിയാനം വരുത്തി തൻ്റെ ശരീരം തന്നെ രണ്ടായിട്ട് പകുത്തപ്പോൾ ഒരു ഭാഗം പുരുഷൻ മറ്റൊരു ഭാഗം സ്ത്രീ അവർ വിവാഹിതരുമായി സ്വയംഭൂമനുവും ശതരൂപാദേവിയും ആ സ്ത്രീ ആ നവദമ്പതിമാരിൽ ദാ ഓരോരോ കുഞ്ഞുങ്ങൾ പിറന്നു ആദ്യത്തെ ആൺകുഞ്ഞ് പ്രിയവർദ്ധന എന്നുപേര് രണ്ടാമതും ഒരാൺകുഞ്ഞ് ഉത്താനപാതൻ എന്ന പേര് ആകൂതി എന്നുള്ളൊരു പെൺകുട്ടി ദേവഹൂതി പ്രസൂതി ഇങ്ങനെ രണ്ടാൺകുഞ്ഞുങ്ങളും മൂന്ന് പെൺകുട്ടികളുമൊക്കെ ആ സന്തുഷ്ട കുടുംബം ബ്രഹ്മദേവൻ്റെ അടുക്കൽ ചെന്ന് അവർക്ക് പാർക്കാൻ ഒരിടം വേണം എന്ന് ആവശ്യപ്പെട്ടു നിങ്ങൾക്ക് പാർക്കാൻ ഞാൻ ഭൂമി തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ എവിടെ ഭൂമി നോക്കിയപ്പോൾ കാണാനില്ല അത് സമുദ്രത്തിലൊറ്റ ആണ്ടുപോയിരിക്കുക എൻ്റെ ഈശ്വരാന്ന് ബ്രഹ്മാവ് അറിയാതെ ഒന്ന് ഉറക്കം വിളിച്ചു പോയി എവിടെ വിളി അവിടെ ഭഗവാൻ വരും മാസാവി വരാൽ സഹസ ആനക വരാഹതോകോ നിരകാൽ ഒരു തള്ളവരലിൻ്റെ അറ്റത്തെ അത്ര ഉള്ളൂ ആദ്യം എന്തോ താഴെ വീണു തോന്നി ്രഹ്മദേവന് ക്ഷണാൽഖണ്ഡശശിലാസമായി എത്ര പെട്ടെന്നാണത് വളർന്നു വളർന്നു വലുതാവണത് ഭൂമിയെ തേറ്റേടറ്റത്ത് വെറുതെ ഒരു ചെറിയ രാശിക്കായ പോലെ ഉയർത്തിക്കൊണ്ടുവരണെ അല്ലെങ്കിൽ ഒരു മുത്തങ്ങാ പുല്ല് പോലെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ ശരീരം സമുദ്രത്തിലേക്ക് എടുത്തു ചാടി ഏതോ ചളിയിലാണ്ടു പോയിരുന്ന ഭൂമിയെ അവിടെ നിന്ന് തേറ്റമേലുയർത്തിക്കൊണ്ടുവന്നു ആ സമയത്താണ് ഒരു അസുരൻ അവിടുത്തെ ആക്രമിച്ചു ആ അസുരനെ നിഗ്രഹരൂപയാണ് അനുഗ്രഹിച്ച് ഭഗവാൻ ഭൂമിയെ സമുദ്രനിരപ്പിൽ തന്നെ സ്ഥായിയായിട്ട് സ്ഥാപിച്ചു യോഗീശ്വരന്മാരൊക്കെ മഹർഷീശ്വരന്മാരെല്ലാം ഭഗവാനെ ഗംഭീരമായിട്ട് വാഴ്ത്തി സ്തുതിച്ചു നമോ നമസ്തേ അഖില മന്ത്രദേവതാദ്രവ്യായ യജ്ഞകൃത സർവകൃതവേ ക്രിയാത്മനേ വൈരാഗ്യഭക്തി ആത്മജയ അനുഭാവിതജ്ഞാനായ വിദ്യാഗുരവേ നമോ നമ ഭഗവാൻ്റെ അവയവങ്ങൾ ഓരോന്നും യജ്ഞത്തിനുള്ള ഓരോരോ ഉപകരണങ്ങളായി കണ്ട് ആ യജ്ഞമൂർത്തിയെ യജ്ഞവരാഹമൂർത്തിയെ സർവ്വരും ഗംഭീരമായിട്ട് വാഴ്ത്തി സ്തുതിച്ചു വിതുരൻ മൈത്രേയനോട് ചോദിച്ചു അവിടുന്ന് ഭൂമിദേവിയെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ഒരസുരനുമായിട്ട് ഏറ്റുമുട്ടിയെന്ന് പറഞ്ഞല്ലോ ആരാണ് ആ അസുരൻ ഇത്രയെ മഹർഷിയൊന്നും ചുരിച്ചു അല്ല അതിൻ്റെ കഥ പറയാനുണ്ടെങ്കിൽ കുറേ പറയാനുണ്ട് എങ്കിലും ഞാൻ ഒന്ന് ചുരുക്കി ഒന്ന് രണ്ട് രംഗങ്ങൾ അനുസ്മരിക്കാം കശിവ പ്രജാപതിയുടെ പത്നിമാർ ധാരാളം അദ്ദേഹത്തിന് അതിഥി ദിതി ധനു കാഷ്ഠ തുടങ്ങി കുറേയേറെ പത്നിമാരുണ്ട് പക്ഷേ രണ്ടു കളത്രത്തെ വെച്ച് പുലർത്തുന്ന തണ്ടുതപ്പിക്ക് സുഖമില്ല ഒരിക്കലും എന്നൊക്കെ കുഞ്ചനമ്പിയാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും രണ്ടല്ല പന്ത്രണ്ടല്ല അതിൽ കൂടുതൽ പത്നിമാർ ഇദ്ദേഹത്തിനുണ്ട് ബഹ്യസപത്നിയൈവ ഗേഹപതിയും ലുനന്തി എന്നൊക്കെ പ്രഹ്ലാദിനും ഇനി പറയണത് കേൾക്കാം പക്ഷെ ഇദ്ദേഹത്തിന് അതൊന്നുമില്ല ഗൃഹേഷു ആവിശതാം ചാവി പുുംസാം കുശലകർമ്മണം മദ്വാർത്തായം ന ബന്ധായ ഗൃഹാമതാ അതിനുദാഹരണമാണ് കശ്യവ പ്രജാപതി കുടുംബ പ്രാരബങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇതിലൊന്നും ഒരാസക്തിയില്ല അനാസക്തി യോഗമാണ് ഭഗവാനെ ഭജിച്ച് ആ ഭജനാനന്ദം ആസ്വദിച്ചു കൊണ്ട് കഴിയും പലപ്പോഴും അദ്ദേഹം സമാധിയിലാവും സമാധിയിൽ നിന്ന് ഉണരുമ്പോഴാണ് ഭാര്യമാരെ ഓരോരുത്തരെ അടുത്ത് ചെന്ന് അവരവരുടെ ആഗ്രഹങ്ങൾ പറയുക അത് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും ഒരു ഗൃഹനാഥൻ എന്ന നിലയ്ക്ക് തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടിയിട്ടില്ല പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് സവൈ പുംസാം പരോധർമ്മ യഥോ ഭക്തി അധോക്ഷജേ എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഭഗവാന്റെ ശ്രീപാദം ഭരിച്ചു കഴിയുന്ന ആ പുണ്യാത്മാവ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു സന്ധ്യാസമയത്ത് ദിദീദേവി ചെന്ന് തനിക്കൊരു കുട്ടി ഉണ്ടായാൽ കൊള്ളാം ആഗ്രഹം അറിയിച്ചു അയ്യോ ഇന്ന് പ്രദോഷ സന്ധ്യ ലൈവക വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കൂ വേം കുളിച്ചു വന്ന് ഭസ്മം മുറിയിട്ട് ജഗൽ പാർവതി പരമേശ്വരന്മാരെ ധ്യാനിക്കൂ അവരുടെ അനുഗ്രഹം കൊണ്ടല്ലേ സൽസന്ധാനങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ കശ്യ പ്രജാപതി പറഞ്ഞു നോക്കി പക്ഷേ ഭാര്യയായ ആസ്തം നിർബന്ധം വികർമണി അതായത് ഞാൻ ഗുളിയും ദേവാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് അവിടുന്ന് പിന്നെ സമാധിയിലായ പിന്നെ എത്ര നാളുകൾ സമാധിയിൽ നിന്ന് ഒടുവിൽ ഭാര്യയുടെ ഇംഗിതത്തിന് വഴങ്ങി അദ്ദേഹം സ്നാനം ചെയ്തു വന്ന് ഭസം പഞ്ചാക്ഷരം ജപിച്ചു ചിത്തശുദ്ധി ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സാത്വികനായ ഒരു വ്യക്തിയെ താൻ വെറുതെ ഈ ഭോകലാലസയിലേക്ക് വലിച്ചഴിച്ചുലോ ദിദീദേവിക്കൊരു പശ്ചാത്താപം ദേവിയും കുളിയൊക്കെ കഴിഞ്ഞു വന്ന് പാർവതി പരമേശ്വരന്മാരെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഉറക്കുറക്ക നാമം ജപിക്കുന്നുണ്ട് കരചരണകൃതം വർമ്മവാ കായജം വ ശ്രവണനയനജം വനസം വരാധം വിദം അവിമേദൽക്ഷമസ്വാ ശിവശിവാ കരുണാബ്ധേ ശ്രീ മഹാദേവംഭോ സർവമംഗലമംഗലേ ശിവേ സർവാർസാധിഗേ ശരണ്േ ത്യംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ ശരണാഗത സർവാഥപരിത്രാണപരാണേ സർവർത്തിഹരെ ദീ നാരായണീ നമോസ്തുതേ കശുവ പ്രജാപതി നോക്കി അപ്പോൾ കശുവ പ്രജാപതിയുടെ കാക്കലും വീണ് നമസ്കരിച്ചു മാപ്പിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അവകശാപം തോന്നിവാസം ജയിച്ചിട്ട് ഇപ്പോൾ വലിയ നല്ല ക്ഷക്കാരി നീ ചെയ്ത ദുഷ്കൃത്യത്തിൻ്റെ ഫലമായിട്ട് നിനക്ക് ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിക്കുന്ന രണ്ട് ഉണ്ണികൾ പിറക്കും അവരെക്കൊണ്ട് ശല്യം സഹിക്കുവയ്യാതെ ഭഗവാൻ തന്നെ വന്ന രണ്ടെണ്ണത്തിനെയും തല്ലിക്കൊല്ലും ഇത് കേട്ടപ്പോൾ അമോദത തിർഭൃശം ദേീദേവിക്ക് വളരെ സന്തോഷമുണ്ടായത് താനൊരു അമ്മയാവണമെന്നേ മോഹിച്ചുള്ളൂ പെൺകുഞ്ഞോ ആൺകുഞ്ഞോ എന്ന് പോലും മനസ്സിൽ ധാരണകൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ട് ഉണ്ടാവും എന്ന് പറയണു എന്തൊരു മഹാഭാഗ്യമാണത് അതുപോലെ അവർ ലോകത്തെ മുഴുവൻ കിടുകിട പറഞ്ഞാൽ എന്തൊരു വീരശൂര പരാക്രമികളായിരിക്കും അവർ ഭഗവാന്റെ കരസ്പരിശമേറ്റ് ദേഹത്യാഗം ചെയ്യാൻ സാധിക്കുക ആർക്കാ ഇതൊക്കെ അന്തേ നാരായണ സ്മൃതി ഭഗവാനെ മനസ്സുകൊണ്ടൊന്ന് സ്മരിച്ചാൽ ഭഗവാനെ വേണ്ട ഭഗവാൻ്റെ നാമം മനസ്സുകൊണ്ട് ഒന്ന് സ്മരിച്ചാൽ തന്നെ മുക്തി കിട്ടുമെന്നിരിക്കെ ഭഗവാൻ നേരിട്ട് വന്ന് അനുഗ്രഹിച്ചാൽ പിന്നെ ആ ജീവാത്മാവിന് മുക്തി ഉറപ്പായില്ലോ ഇത് നിധി വെറുതെ ഒരു ഭംഗിവാക്ക് പറഞ്ഞതല്ല ഉള്ളിൽ തട്ടി പറഞ്ഞതാണ് തൻ്റെ കാക്കൽ നമസ്കരിച്ച് കിടക്കുന്ന ആ ദിദിയുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് കശുവ പറഞ്ഞു പുത്രസ്യൈവതു പുത്രാണാം ഭവിതൈ ക സദാം രണ്ട് ഉണ്ണികളുടെ ഒരു ഉണ്ണിയുടെ മകനായിട്ട് സജനാഗ്രേസരനായ ഒരു ഉണ്ണി പിറക്കും എന്തൊരു വാത്സല്യമായിരിക്കും ഭഗവാൻ ആ ഉണ്ണിയോടെന്നോ അമോദതാ ദിതീർഭൃഷം തൻ്റെ ഇങ്ങനൊരു മഹാസാത്വികനാവൂലോ എന്ന് കേട്ട് ദിദിദേവിക്ക് വളരെ സന്തോഷം തോന്നി തൻ്റെ കുട്ടികളെ കൊണ്ട് ലോകത്തിന് ശല്യമുണ്ടാവാതിരിക്കാൻ താൻ എന്ത് ചെയ്യണം എന്ന് ആ സ്ത്രീ ആലോചിച്ചപ്പോൾ ആ സ്ത്രീ കണ്ടെത്തിയ മാർഗം താൻ പ്രസവിക്കാതിരിക്കുക എന്നതാണ് രണ്ടെണ്ണം അവിടെ കിടക്കട്ടെ ലോകത്തെ ഉപദ്രവിക്കണേനിപ്പോൾ തന്നെ അവരെ ഒരു ഒരു ജാമ്യമില്ലാ വാറൻറ്റിൽ അറസ്റ്റ് ചെയ്ത് തൻ്റെ ഉദരത്തിൽ തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുക അവിടെ കിടക്കുകയും രണ്ടു പേരും അങ്ങനെയുണ്ടോ കേസ് അന്വേഷണവും ഒന്നുമില്ല പക്ഷേ നൂറ് സംവത്സരക്കാലായി ദിദീദേവി ഇപ്പോൾ ഇങ്ങനെ ഗർഭിണിയായിട്ട് കഴിയുന്നു ദിദീ ദേവിയുടെ ഗർഭശതാബ്ദി ആഘോഷം ഗംഭീരമായിട്ട് നടന്നു പക്ഷേ ദേവന്മാർക്കൊക്കെ വല്ലാത്ത ശല്യം അവിടെ മുഴുവൻ കുറ്റാക്കുറ്റിയിലിട്ട് സീര്യന് വെളിച്ചല്ല അഗ്നിക്ക് വെളിച്ചല്ല എല്ലാവരും കൂടി ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്ന് തമയേതത് വിഭോവേത്ത അയ്യൂത് എന്തൊരിയിരുട്ട് തമസോമാ ജ്യോതിർഗമയ തമസോമാ ജ്യോതിർഗമയ സതോമാ സദ്ഗമയ മൃത്യോർമ മൃതംഗമയാ എന്താ എല്ലാവരും കൂടി ഇങ്ങനെ അല്ല ഞങ്ങൾക്ക് ഒന്നും കാണാനില്ല ഒന്നും കാണാനില്ല ബ്രഹ്മാവി ചിറിച്ചു അല്ല ഈ ഒന്നും കാണാതെ കണ്ടാവണത് ഈശ്വരനെ കാണുന്ന ആ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുനിന്നതുകൊണ്ടാണ് മുമ്പ് നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലേ എവിടെ നോക്കിയാലും ഈശ്വരനല്ലേ കണ്ടത് കണ്ടിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കാണുന്നത് അന്ധകാരമല്ലേ അത് നിങ്ങളുടെ മനസ്സിൻ്റെ വൈജാത്യാണ് ആട്ടെ പരിഭ്രമിക്കാണ്ടിരിക്കൂ ഈ കാരണം എന്താണെന്ന് ഞാൻ പറയാം ദിദീദേവിയുടെ ഗർഭത്തിൽ ഇതാ രണ്ടു പേര് ചെന്ന് ചേക്കേറിയിട്ടുണ്ട് അവർ സാധാരണക്കാരല്ല എത്രയോ കോടി കോടി ജന്മങ്ങളിൽ ചെയ്ത സുഹൃതത്തിൻ്റെ ഫലമായിട്ട് സാക്ഷാത് സച്ചിദാനന്ദ ലോകത്തിലെത്തി ശ്രീനാരായണമൂർത്തിക്ക് കൈങ്കര്യം ചെയ്ത് ജീവിച്ച രണ്ട് പുണ്യാത്മാക്കൾ ജയൻ വിജയൻ സനകാതി യോഗീശ്വരന്മാർ വൈകുണ്ഠ ദർശനത്തിന് അവരെ വേറെ വേണ്ട രീതിയിൽ മാനിച്ചില്ല എന്ന കുറ്റത്തിന് അവർ മൂന്ന് തവണ പിറക്കാൻ നിർബന്ധിതരായി പിറവിയെടുക്കാൻ നിർബന്ധിതരായി ആ ജയവിജയന്മാരാണ് ഇപ്പോഴിതാ ദിജീ ദേവിയുടെ ഉദരത്തിൽ വന്നുകൂടിയിട്ടുള്ളത് ഇത് ഭഗവാൻ്റെ ഏതൽ പുരൈവ നിർദ്ദിഷ്ട ഇത് ഭഗവാൻ പണ്ടേ എന്തോ ചില ലീലകളാടാൻ വേണ്ടി കരുതിയെടുത്ത ചില വിദ്യകളാണ് സജനങ്ങൾക്ക് സനകാതി യോഗീശ്വരന്മാർക്ക് അല്പം ക്ഷോഭം വന്നപ്പോഴേക്കും ഭഗവാന്റെ നാല് ഗംഭീരങ്ങളായ അവതാരങ്ങൾ വേണ്ടി വന്നു യജ്ഞവരാഹമൂർത്തിയായിട്ട് അവിടുന്ന് അവതരിച്ചു നരസിംഹമൂർത്തിയായിട്ട് അവിടുന്ന് അവതരിച്ചു ശ്രീരാമചന്ദ്രനായിട്ട് അവിടുന്ന് അവതരിച്ചു ശ്രീകൃഷ്ണ പരമാത്മാവായിട്ട് അവിടുന്ന് അവതരിച്ചു നാല് സജ്ജനങ്ങളുടെ കണ്ണൊന്ന് ചുവന്നത് കാരണം അപ്പം സജ്ജനങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ക്ഷോഭമുണ്ടായാൽ അത് മാനവരാശിക്ക് അതുകൊണ്ട് അപകടമല്ലാണ്ടാവുക അവർക്ക് പോലും അപകടമല്ലാണ്ടാവുക ദാ ഭഗവാന്റെ അവതാരത്തിന് കാര് കാരണമായി തീരും ബ്രഹ്മാവ് പറഞ്ഞു തത്ര അസ്മീയ വിമർശായ വിമർശേന കിയാനിഹ അർത്ഥ എല്ലാ കാര്യങ്ങളും ഭഗവാനാണ് തീരുമാനിക്കുന്നത് ഭഗവാന്റെ ഇച്ഛ പോലെയേ കാര്യങ്ങൾ നടക്കൂ വിശ്വസ്യ സ്ഥിതിയോ സ്ഥിതി ലയോത്ഭവഹേതു ആദ്യ യോഗേശ്വരവി ദുര യോഗേശ്വരൈ രവി ദുരത്യ യോഗമായ ക്ഷേമം വിധാസ്യതി സ നോ ഭഗവാം സ്ത്രീ അധീശ തത്ര വിമർശേന കി ആനിഹാർഥ ശ്രീമത്ഭാഗവതത്തിൻ്റെ സന്ദേശം ഇതാണ് ക്ഷേമം വിധാസ്യതി സനോ ഭഗവാം സ്ത്രീ അധീശ നമുക്ക് എന്തെന്ത് അയോഗ്യതകളുണ്ടെങ്കിലും സർവാത്മന സർവാത്മാവായ ശ്രീഗുരുവായൂരപ്പനെ ആശ്രയിച്ചാൽ നമ്മുടെ പോരായ്മകളൊക്കെ നിമ നമുക്ക് വേണ്ടത് വേണ്ട പോലെ അവിടുന്ന് അനുഗ്രഹമായിട്ട് അരുളിത്തരും ആ ഒരു കാരുണ്യം നമ്മളിലും ഭഗവാന് തോന്നണേ എന്ന് പ്രാർത്ഥിച്ചു ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുകയാണ് നാളെ പ്രഭാതത്തിൽ ആറരയ്ക്ക് തന്നെ നമുക്ക് തുടരാം ഹരശങ്കര ശിവ ശങ്കര ദൂരീ തം രിദാസ്യമോടാനീഷം മാമ വാളരാൻ വഴിവരണേ മരണേ മാമ ഗുരുമന്തിരമണേ മതിവരണേ തരണേ മാ ഹരിതന്മൃദു ചരണേരതി ശിവനേ ni ngi na jana ni jana jadhare adhi vasam pani ma mala magal tan vara veru dei arula rudei മുരളീരവ തരളീകൃത നാവവല്ലവ വനിതാ വരമണ്ട പരിമ ഗുരുമിരപതിയായി കലരുന്നൊരു നാല് ജീവിക ശിവനേ മലർസായകൂദന മാധുസൂദന ദീത വവതാരണ പ്ലവം ആരുണാം ഭൂജസുഭകം രണം തീരൂ സൽ പുമ ശരണം കരുണാകരമായി നീ കൃപകലരാതെ കഴിച്ചാൽ വരുമോ തരമാകര ഹരിതൻ പാദമാണയൻ ജനാരദ സുരനായകർ പാണിയും തിരുവാടിയും സജലാംബൂദസുഭകം തിരുടലും തിരുമൂടിയും മധുരാധരസുധയും തൊടു കൂറിയും കൂറുനീരയും മധുമാധുരി മൊഴിയും ഭാവമൊഴിയും തിരുമൊഴിയും വിധുസുന്ദരമുഖവുന്ദയ വഴിയും തിരുമീഴിയും വിധുഷേഖര വീളയാടണമനീഷം മാമ കരളീ കദീ ഗിരിധാരണീ സൂരഭിതം ബഹു ഫാളദം മുരളീധര ചാരംഭൂജ രീതി കൃണുതീതം ഹരശങ്കര ശിവ ശൂരിതം കാളാ ശിവനേ രിദാസ്യമോടാനീഷം മാമ വാളരാൻ വഴിവരണേ നമ പാർവതീപതേ ഹരഹര മഹാദേ ജാനകീജീവനസ്മരണം ജയ ജയാമ രാമ ഗോപിക ജീവനസ്മരണം ഗോവിന്ദ Govinda, Govinda. ധാരമണമുകുന്ദരാരണം മേ തവ ചരണയുഗം പവന പുരേശാധാകൃഷ്ണ ശരണം മേ തവ ശരണയുഗം ദീ മഹേശ്വരി പാർമ്മതി ശങ്കരി ശരണം മേ തവ ശരണയുഗം സാംബ സദാശിവംഭോ ശങ്കര േ തവാ ചരണം ശയുഗം ശയുഗം